ഞങ്ങൾ ക്രൈസ്തവരാണ് എന്നു പറഞ്ഞവരിൽ നിന്നും നാം കരാറെടുത്തു എന്നാൽ അവർക്ക് നൽകപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളിൽ വലിയൊരു ഭാഗം അവർ മറന്നുപോയി അതിനാൽ പുനരുദ്ധാന വരെ അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും നാം അവർ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബഹാനഹൂവ തയാല അവരെ അറിയിക്കുന്നതാണ്